ജാജനശലാകുന്മീലി മേന തസ്മൈ ശ്രീഗുരവേ നമ നമോ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം എട്ട് ശ്ലോകങ്ങൾ പതിനെട്ട് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനകൾ श्लोक पदनेट कुवाच नमस्े पुषं ईश्वर प्रकृते परक्ष्यूता अंधरवस्थित ശ്രീമതി കുന്തി ദേവി പറഞ്ഞു അല്ലയോ കൃഷ്ണ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത പരമ പുരുഷനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു ഏവരുടെയും ഹൃദയത്തിൽ അന്തർവർത്തിയായും ഹ്യവർത്തിയായും നിലകൊള്ളുന്നുവെങ്കിൽ തന്നെയും അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു ശ്ലോകം പത്തൊൻപത് മായാജവനികാഛനം അജ്ഞാതോക്ഷ്യംക്ഷ്യസേമൂട്ര വിവർത്തനം പരിമിതമായ ഇന്ദ്രിയ ദൃഷ്ടിക്ക് അതീതനാകയാൽ മായയുടെ യവനികയാൽ മൂടപ്പെട്ട നിത്യ അഗർഹ്യ ഘടകമാണ് അങ്ങ് ഒരു നടൻ എന്ന വ്യക്തിയെ കഥാപാത്രത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ മൂഢ നിരീക്ഷകർക്ക് കഴിവില്ലാത്തതുപോലെ അങ്ങ് വിഡ്ഢിയായ വീക്ഷകന് അദൃശ്യനാകുന്നു ശ്ലോകം ഇരുപത് തഥാപരമഹംസാനാം मुनीमलाम भक्ति कदम स्त्रियवर्तन शरीर आत्मा विवेचित रियापुलावरा പരിശുദ്ധരായ അതീന്ദ്രിയവാദികളുടെയും മാനസിക വിചക്ഷണരുടെയും ഹൃദയങ്ങളിൽ ഭക്തിയുത സേവനത്തിൻ്റെ അതീന്ദ്രിയ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിനായി അങ്ങ് അവതരിക്കുന്നു പിന്നെ ഞങ്ങൾ സ്ത്രീജനങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുക कृष्णाय देवकी गो नमो ഇരുപത്തിയൊന്ന് കൃഷ്ണായസുദേവാകീനന്ദനഗോപകുമാരാവിവർത്തനം ിയങ്ങളെയും ഗോക്കളെയും ഉത്സാഹഭരിതനാക്കുന്നവനും നന്ദമഹാരാജാവിൻ്റെയും വൃന്ദാവനത്തിലെ മറ്റ് ഗോപന്മാരുടെയും ബാലനും ദേവകിയുടെ ആനന്ദനിധിയും വസുദേവ പുത്രനുമായിത്തീർന്ന ഭഗവാന് എൻ്റെ ആദരപൂർവമായ വന്ദനങ്ങൾ അർപ്പിക്കാൻ അനുവദിച്ചാലും ശ്ലോകം ഇരുപത്തിരണ്ട് പങ്കജനഭയ പങ്കജമാലി നമ പങ്കജനേത്രമസ്താഘ്രയേ വിവർത്തനം ിൽ താമരപ്പൂവിൻ്റെ അടയാളമുള്ളവനും സദാ താമരപ്പൂമാലകളാൽ അലങ്കരിക്കപ്പെട്ടവനും താമരപ്പൂവുപോലെ സൗമ്യമായ കടാക്ഷത്തോടുകൂടിയവനും പാദങ്ങളിൽ പങ്കജമുദ്രണമുള്ളവനുമായ ഭഗവാനെ അങ്ങേക്ക് എൻ്റെ ആദരപൂർവമായ പ്രണാമങ്ങൾ ശ്ലോകം ഇരുപത്തിമൂന്ന് യഥാകേശല കംസേന രുദ്ധാതിചിരം ശുചാർപ്പമോചിതം ചാത്മജിപ്പോ അല്ലയോ ഹൃഷികേശ ഇന്ദ്രിയങ്ങളുടെ നാഥനും പ്രഭുക്കന്മാരുടെ അധിപനുമായ അങ്ങ് കംസരാജാവിനാൽ ദീർഘകാലം തടവിലാക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും ചെയ്ത അങ്ങയുടെ മാതാവായ ദേവകിയെ സ്വതന്ത്രമാക്കുകയും എന്നെയും എൻ്റെ മക്കളെയും അനുക്രമമായ ആപത്തുകളിൽ നിന്നും സദാസംരക്ഷിക്കുകയും ചെയ്തു ശ്ലോകം ഇരുപത്തി विशान ഷാൻമഹാ मृधे വനവാസകൃത മൃധേ മൃതേകഹാരദസ്ത്രോ ദ്രൗണ്യതശാശ്മേക്ഷിത വിവർത്തനം എൻ്റെ എത്രയും പ്രിയപ്പെട്ട കൃഷ്ണ വിഷമയമായ മധുരപലഹാരങ്ങളിൽ നിന്നും മഹാഗ്നിയിൽ നിന്നും നരഭോജികളിൽ നിന്നും ദുർവൃത്തമായ സഭയിൽ നിന്നും വനവാസ കാലഘട്ടത്തിലുണ്ടായ വിഷമതകളിൽ നിന്നും മഹാരഥന്മാർ യുദ്ധം ചെയ്ത പോർക്കളത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു ഇപ്പോൾ അശ്വദ്ധാമാവിൻ്റെ അതിവിനാശകരമായ അസ്ത്രത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു ശ്ലോകം ഇരുപത്തിയഞ്ച് താജഗൽ ഗുരോ ർശനം പുനർഭവദർശനം വിവർത്തനം അത്തരം മഹാവിപത്തുകൾ വീണ്ടും വീണ്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തിനാൽ അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയെ വീണ്ടും വീണ്ടും ദർശിക്കാനാവുകയുള്ളൂ ഭഗവാനെ ദർശിക്കുക എന്നാൽ ജനന മരണ ആവർത്തന ചക്രത്തിൽ നിന്നുള്ള മോചനം എന്നതാണ് അർത്ഥം ശ്ലോകം ഇരുപത്തിയാറ് ജന്മൈശ്വര്യ ശ്രുത ശ്രീഭി अल्लयो भगवाने अनातन आत्मीय धाम प्राप्तमाकुगा वलरे ललित पक्षे ശ്വരമായ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായവർക്ക് അങ്ങയെ പ്രാപിക്കുക അത്യന്തം പ്രയാസകരമാകുന്നു സ്വന്തം വംശം സമ്പത്ത് ഉന്നത വിദ്യാഭ്യാസം ശരീര സൗന്ദര്യം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്മരിക്കാൻ കഴിയാത്തതിനാൽ അവർക്കെന്നും അങ്ങ് തന്നെ തന്നെയായിരിക്കും ശ്ലോകം ഇരുപത്തിയേഴ് നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യ പതയെ ം ഭൗതികമായി ദരിദ്രരായവരുടെ അമൂല്യ സമ്പത്തായ അങ്ങയ്ക്ക് എൻ്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ അതീവ സൗമ്യനും അദ്വൈതവാദികളുടെ അധിപനുമാകുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് വിവർത്തനം അല്ലയോ ഭഗവാനെ അങ്ങയുടെ ആധിപത്യം ശാശ്വതവും പരമവും ആദിയും അന്തമില്ലാത്തതും സർവവ്യാപിയുമായ ഒന്നാണെന്ന് ഞാൻ നിരൂപിക്കുന്നു കൃപ ചൊരിയുന്നതിൽ അങ്ങ് ഏവരെയും സമാനരായി കണക്കാക്കുന്നു ജീവാത്മാക്കൾ തമ്മിലുള്ള കലഹത്തിന് നിദാനം സാമൂഹ്യ ബന്ധങ്ങളാകുന്നു ശ്ലോകം ഭഗവ്ബനം ൃണ വിവർത്തനം അല്ലയോ ഭഗവാനെ അങ്ങയുടെ മനുഷ്യാവതാരത്തിലുള്ള അതീന്ദ്രിയ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആകയാൽ അവ വഴിതെറ്റിക്കുന്നവയാകുന്നു അങ്ങയ്ക്ക് സവിശേഷ പ്രീതിയുളവാക്കുന്ന യാതൊരു വസ്തുവുമില്ലെന്ന് മാത്രമല്ല അങ്ങേക്ക് അസൂയയുളവാക്കുന്ന യാതൊരു പൊരുളുമില്ല പക്ഷേ ജനങ്ങൾ അങ്ങ് പക്ഷപാതക്കാരനാണെന്ന് സങ്കൽപ്പിക്കുന്നു ശ്ലോകം മുപ്പത് ജന്മകർമാ വിശ്വാത്മം അജസുരാത്മനഃഷു അല്ലയോ വിശ്വപ്രപഞ്ച തേജസ്സെ അങ് നിഷ്ക്രിയനായി കാണപ്പെടുന്നുവെങ്കിൽ തന്നെയും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജീവാധാരമായ അടിസ്ഥാന ശക്തിയും അങ്ങ് തന്നെയാണ് ജനനമില്ലാത്തവനാകയാൽ അങ്ങയെ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്നു അങ്ങ് സ്വയം മനുഷ്യരിലും മൃഗങ്ങളിലും ഋഷിമാരിലും സമുദ്രജീവികളിലും അവരോഹണം ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഇത് विभ्रम जनक श्लोक मुयता എന്റെ പ്രിയപ്പെട്ട കണ്ണ അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദാമാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ അശ്രുക്കളാൽ നിറയുകയും ആ കണ്ണുനീരിനാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു ഭയരൂപം പൂണ്ട സത്വം പോലും അങ്ങയെ ഭയപ്പെടുന്നുവെങ്കിലും അങ്ങ് ഭീതി കാണപ്പെട്ടു ഈ കാഴ്ച നിശ്ചയമായും എനിക്ക് അമ്പരപ്പുളവാക്കുന്നതാണ് ശ്ലോകം മുപ്പത്തിരണ്ട് കേജിരാഹുരജം ജാതം പുണ്യശ്ലോകീർത്തേ യഥോ പ്രിയേ മലയസം വിവർത്തനം അജനായ അങ്ങ് ജാതനായത് ദൈവഭക്തിയുള്ള ധർമ്മശീലരായ രാജാക്കന്മാരുടെ കീർത്തിക്ക് വേണ്ടിയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ വേറെ ചിലരാകട്ടെ അങ്ങയുടെ പ്രിയഭക്തനായ യദുരാജാവിനെ സന്തോഷിപ്പിക്കുവാനായിട്ടാണ് ജാതനായതെന്ന് അഭിപ്രായപ്പെടുന്നു മലയപർവ്വതങ്ങളിലെ ചന്ദന വൃക്ഷത്തെ പോലെയാണ് അങ്ങ് യദുകുലത്തിൽ ജന്മമെടുത്തത് ശ്ലോകം മുപ്പത്തിമൂന്ന് അപരേവാസുദേവ്യാം അജസ്ത്വമ വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാകുന്നു അവരുടെ പുത്രനായി അങ്ങ് അവതാരമെടുത്തതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു നിസംശയം അങ്ങ് അജനാണ് എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്കും അവരോട് അസൂയയുള്ളവരുടെ തിന്മയ്ക്കുമായി വേണ്ടിയാണ അങ്ങ് അവതരിച്ചത് ശ്ലോകം മുപ്പത്തിനാല് ഭാരാവതാരണായുവോന बूरी जादो ह्यात्मा भूमिदेवी ए अमित भारत वेदन अंगत्रन ब्रह्मदेव प्रार्थना प्रकार ദേവിയുടെ കഷ്ടതയെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഭൂമിയിൽ അവതരിക്കുന്നതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു ശ്ലോകം മുപ്പത്തിയഞ്ച് ഭവേസ് അവിദ്യ കാമകർമ്മിഹി श्रवण हाौतिक वेदन अुभव बंधनस्थर आत्मा भक्तयुदेव मार्ग आय श्रवण स्म ആരാധന തുടങ്ങിയവയെ പുനരുജ്ജീവിപ്പിച്ച് മുക്തി പ്രാപ്തമാക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നതെന്ന് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നു ശ്ലോകം മുപ്പത്തിയാറ് ശൃണ്ണന്തി ഭീക്ഷണ സ്മരന്തി നന്ദി താവം പ്രവാഹോദു അല്ലയോ കൃഷ്ണ ആരാണോ അങ്ങയുടെ സർവാദിശായിയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെക്കുറിച്ച് നിരന്തരം ശവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദമനുഭവിക്കുന്നത് അവർക്ക് നിശ്ചയമായും ഈ ജനുമൃതി നിർഭരമായ ഇഹലോകബന്ധനത്തിൽ നിന്നും മോചനമേകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരങ്ങളെ ദർശിക്കാൻ കഴിയുന്നുലോകം മുപ്പത്തിയേഴ്സ്വം സ്വകൃത്തെ ഹിതപ്രഭോ ജിഹൃദോ അല്ലയോ ഭഗവാനെ അങ് സ്വന്തം കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു എല്ലാ രാജാക്കന്മാരും ഞങ്ങളോട് ശത്രുതാ മനോഭാവം വച്ചു ഈ സാഹചര്യത്തിൽ അങ്ങയുടെ ദയയെ മാത്രമാണ് ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് മാത്രവുമല്ല അങ്ങല്ലാതെ വേറെ ആരും ഞങ്ങളെ സംരക്ഷിക്കാനില്ല ഞങ്ങളുടെ ഏകാശ്രയവും ഏകാവലംബവുമായ അങ്ങ് ഇന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുകയാണോ കേവയം സഹപാണ്ടവ ഭവദോ ഒരു പ്രത്യേക ശരീരത്തിന്റെ പേരും പ്രശസ്തിയും ചേതനാത്മാവിൻ്റെ മരണാനന്തരം വിസ്മരിക്കപ്പെടുന്നത് പോലെ അങ്ങ് ഞങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ സർവപ്രശസ്തിയും പ്രവർത്തനങ്ങളും പാണ്ഡവരുടെയും യതുകുലത്തിൻ്റെയും പ്രതാപകാലം കഴിയുന്നതോടെ തൽക്ഷണം അവസാനിക്കും ശ്ലോകം മുപ്പത്തിയൊൻപത് അല്ലയോ ഗദാധരാ ഞങ്ങളുടെ രാജ്യം ഇപ്പോൾ അങ്ങയുടെ പാദമുദ്രണത്താൽ മനോഹരമായി ദൃശ്യമാകുന്നു എപ്പോൾ അങ്ങ് ഇവിടം ഉപേക്ഷിച്ച് യാത്രയാകുന്നുവോ അപ്പോൾ അവ മനോഹരങ്ങളല്ലാതായിത്തീരും ശ്ലോകം നാൽപ്പത് ഇമേജനപദാശിത്വ സുപകൗഷി വിവർത്തനം സർവ നഗരങ്ങളും ഗ്രാമങ്ങളും എല്ലാ അർത്ഥത്തിലും സമൃദ്ധമായി തീർന്നിരിക്കുന്നു എന്തിനാൽ ഔഷധികളും ധാന്യങ്ങളും വേണ്ടുവോളം ഇവിടെയുണ്ട് വൃക്ഷങ്ങൾ ഫലസമൃദ്ധമാണ് നദികൾ നിറഞ്ഞൊഴുകുന്നു പർവ്വതങ്ങൾ ധാതുസമ്പുഷ്ടമാണ് സാഗരങ്ങൾ നിധിശേഖരങ്ങളാണ് ഭഗവാനെ അങ്ങയുടെ കരുണാകടാക്ഷമാണ് ഈ സമൃദ്ധിക്കെല്ലാം കാരണം विश्वात्मन् धृडं ृढ़ुषुषिषु विवर्तन अल्लयो प्रबंज सृष्टे പ്രപഞ്ചത്തിൻ്റെ ആത്മാവേ അല്ലയോ പ്രപഞ്ചസ്വരൂപത്തിന്റെ വ്യക്തിസത്വമേ എന്നെ ബന്ധുജനങ്ങളുടെയും പാണ്ഡവരുടെയും വൃഷ്ണികളുടെയും സ്നേഹബന്ധനങ്ങളിൽ നിന്നും ദയവായി വേർപ്പെടുത്തിയാലും ശ്ലോകം നാൽപ്പത്തിരണ്ട് അല്ലയോ മധുസൂദന യാതൊരു വിഘ്നവും കൂടാതെ നിത്യമായി ഗംഗാനദി സാഗരത്തിൽ നിപതിക്കുന്നത് പോലെ എന്റെ മനസ്സ് മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ അങ്ങയിൽ തന്നെ സദാ ഉറച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ശ്ലോകം നാൽപ്പത്തിമൂന്ന് ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണർഷഭാവനി राजन्य पवर्ग वीर्य गोविंद गोद्विज भगवान नमस्ते गोद्विजसुरावेशम अल्लयो कृष्ण अर्जुन तोड़ा അല്ലയോ വൃഷ്ണി വംശാധിപ പ്രപഞ്ച നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ അന്ധകനാണങ്ങ് അങ്ങയുടെ ശൗര്യം ഒരിക്കലും ക്ഷയിക്കുന്നില്ല അതീന്ദ്രിയ ധാമത്തിൻ്റെ നിയന്താവാണങ്ങ് ഭക്തർക്കും ബ്രാഹ്മണർക്കും ഗോക്കൾക്കുമുണ്ടാകുന്ന എല്ലാ കൊടിയ വിപത്തുകളിൽ നിന്നും അങ്ങ് അവരെ സംരക്ഷിക്കുന്നു എല്ലാ ദിവ്യശക്തികളും അങ്ങയിൽ കുടികൊള്ളുന്നു ഈ സമഗ്ര പ്രപഞ്ചത്തിൻറെയും ഗുരുവാണങ് സർവശക്തനായ പരമദൈവം അങ്ങാകുന്നു അനന്തശക്തിമാനായ അങ്ങയെ ഞാൻ സാദരം പ്രണമിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി ഓ തത്സ